നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി അറുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് നമ്മളെ പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചിന്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവെച്ചതാണ് അത് കഴിഞ്ഞിട്ടില്ല ഇനിയും അതിൽ പറയേണ്ട വിഷയങ്ങളുണ്ട് പറയേണ്ട കാര്യങ്ങളുണ്ട് ഇനി നമ്മൾ പുതിയ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പ്രളയത്തിന് മുമ്പ് പറഞ്ഞ ചില സബ്ജക്റ്റുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇത് മരണാനന്തര കർമ്മങ്ങളെ പറ്റിയിട്ടുള്ള മരണം മുഴുവനായിട്ട് നമ്മളത് പറഞ്ഞിരുന്നില്ല പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചതാണ് പക്ഷേ ഇനി അത് ഇപ്പോൾ പറഞ്ഞതുപോലെ പല മേഖലകളിലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ നല്ലൊരു ശതമാനം ഭാഗത്തും ഇപ്പോഴും ആ ഒരു ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടാത്തത് ആ ഒരു സബ്ജെക്റ്റ് മരണം മരണാനന്തര കർമ്മകൾ എന്ന സബ്ജക്റ്റ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയാണ് കാരണം ഈ പറയുന്ന പ്രഭാഷണങ്ങൾ പലരും പല ഗ്രൂപ്പുകളിലേക്കും ഫോർവേഡ് ചെയ്യുന്നുണ്ട് അത് സന്തോഷമുള്ള കാര്യമാണ് എത്ര ആൾക്ക് വേണമെങ്കിലും ഫോർവേഡ് ചെയ്യാം ഈ ഫോർവേഡ് ചെയ്യുന്നവരിൽ ഈ പ്രളയ അനുഭവിക്കുന്നവരും കണ്ടവരും അവിടെ താമസിക്കുന്നവരും ഉണ്ടായിരിക്കും ഈ മരണത്തിനെ പറ്റിയുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും വരുമ്പോൾ ചിലപ്പോൾ അവർക്കതൊരു വിഷമം മാനസികമായിട്ടുണ്ടാക്കുമെന്ന് ഉള്ളതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയാണ് അതിനുശേഷം നമ്മൾ വീണ്ടും അത് കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആക്കുന്നതാണ് ഇന്നു മുതൽ നമ്മൾ പുതിയ ഒരു സബ്ജക്റ്റ് ആരംഭിക്കുകയാണ് നവഗ്രഹങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പ്രഭാഷണം നവഗ്രഹങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇതിനു പല ഗ്രൂപ്പുകളിലും കഴിഞ്ഞ വർഷം വിശദമായിട്ടുള്ള പ്രഭാഷണം നടത്തിയതാണ് നവഗ്രഹങ്ങൾ എന്താണ് നവഗ്രഹങ്ങൾ എന്താണ് ഇല്ല നവഗ്രഹങ്ങളുടെ ആരാധന എങ്ങനെ നവഗ്രഹങ്ങളുടെ ആരാധനകളുടെ നവഗ്രഹങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായങ്ങൾ അതിനുപയോഗിക്കുന്ന വസ്തുക്കൾ അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ വളരെ വിശദമായിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തിയിരുന്നു എന്നാലും പുതിയ ഗ്രൂപ്പുകളൊക്കെ ഉള്ളത് ആ നവഗ്രഹങ്ങളെ പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങളുണ്ടായത് ഈ പശ്ചാത്തലത്തിൽ ഒന്നും പ്രകൃതിയുമായി ഇണക്കി അതിനെ ഒന്ന് ചിന്തിക്കുക നമ്മളീ കാണുന്ന സങ്കല്പം തന്നെയാണോ നവഗ്രഹം അല്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം എൻ്റെ മാത്രമല്ല പല പല വിക്തികളുടെയും നമ്മളീ കാണുന്ന മേലെ കാണുന്ന ഈ ആകാശകോളങ്ങളാണോ നവഗ്രഹങ്ങൾ അല്ല അത് പ്രതീകങ്ങളാണ് ഒരുപാട് കാര്യങ്ങളുടെ പ്രതീകങ്ങളാണ് നവഗ്രഹങ്ങൾ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും നമ്മളെ സ്വാധീനിക്കുന്ന എല്ലാറ്റിനെയും പ്രതിനിധീകരിക്കുന്ന ഒമ്പത് ഗോളങ്ങളാണ് ഈ ഗ്രഹങ്ങൾ അപ്പം അതെങ്ങനെ ആ സങ്കല്പം വന്നു നമ്മളതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ വളരെ രസകരമാണ് ഭാവനാസമ്പുഷ്ടവുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒന്നാണ് ഇത് അപ്പം ആ നവഗ്രഹങ്ങൾ എന്ന വിഷയം ഇതിനു മുമ്പ് പറഞ്ഞതാണെങ്കിലും കുറേ കൂടിയും വിശദമായിട്ട് കുറേ കൂടിയും അതിൻ്റെ തത്വം നമ്മൾ പ്രകൃതിയുമായി ഇണക്കി നവഗ്രഹങ്ങളുടെ തത്വം മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഈ പ്രഭാഷണം തുടങ്ങാൻ പോണത് അപ്പം നവഗ്രഹങ്ങൾ എന്താണ് ആദ്യമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നവഗ്രഹങ്ങളുടെ ഉദ്ദേശം അല്ലെങ്കിൽ നവഗ്രഹ ആരാധന എന്തിനെ ഉദ്ദേശിക്കുന്നു എങ്ങനെയൊക്കെ നവഗ്രഹങ്ങളെ നമുക്ക് ആരാധിക്കാം ഏതൊക്കെ മാർഗങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഉദ്ദേശങ്ങൾ എന്താണ് ജ്യോതിഷം ജ്യോതിഷത്തിലാണല്ലോ നവഗ്രഹങ്ങളിലാണ് കൂടുതലായിട്ടുള്ള ഉദ്ദേശം ഇതിൻ്റെ ഒരു ശരിയായ ഉദ്ദേശം എന്താണ് ശരിയായ അർത്ഥം എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇതിലൂടെ പങ്കുവെക്കുന്നത് അപ്പം അതിൽ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവാം വിയോജിപ്പുകൾ ഉണ്ടാവാം ധാരാളം പേർക്ക് വിയോജിപ്പുകളുണ്ട് നവഗ്രഹങ്ങളെ ആരാധിക്കേണ്ടതില്ല നവഗ്രഹങ്ങൾ ഒരു സൂചകങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നവഗ്രഹങ്ങളെ ആരാധിക്കേണ്ടതില്ല എന്ന വിഭാഗം ചിന്തിക്കുന്നവരുണ്ടാവാം എല്ലാറ്റേയും സ്വാഗതം ചെയ്യണു ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് ഇതിൽ തെറ്റുണ്ടാവാം ശരിയുണ്ടാവാം തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കാം ശരിയുണ്ടെങ്കിൽ അത് അഭിനന്ദിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ എന്നെ ആ ഒരു അഭിനന്ദിക്കണമെന്നൊന്നുമില്ല ശരിയുണ്ടെങ്കിൽ നിങ്ങൾക്കത് അംഗീകരിക്കാം അതുകൊണ്ട് നവഗ്രഹങ്ങൾ എന്ന സബ്ജക്ട് ആരംഭിക്കുകയാണ് നമുക്കറിയാം സാധാരണ നമ്മൾ നവഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു രീതിയിൽ നിന്നാണ് പോവുകയാണ് പിന്നെയാണ് അതിലേക്ക് ഇറങ്ങിച്ചിരുന്നത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഇതിലാദ്യത്തെ ഏഴെണ്ണത്തിനാണ് പ്രാധാന്യമുള്ളൂ സൂര്യൻ മുതൽ ശനി വരെയുള്ള മറ്റേത് രണ്ടും തമോഗ്രഹങ്ങൾ ശരിക്കും അത് ഗ്രഹങ്ങളല്ല രണ്ട് പോയിൻറ്റുകളാണ് ഈ നവഗ്രഹങ്ങൾക്ക് നമ്മുടെ ജീവിതം ലോകം മുഴുവൻ സ്വാധീനമുണ്ട് നവഗ്രഹങ്ങൾക്ക് നവഗ്രഹങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസ് ഈ പ്രപഞ്ചം മുഴുവൻ സോറി ഈ ലോകം മുഴുവൻ സ്വീകാര്യത ഉള്ള ഒരു ഇതാണ് നവഗ്രഹങ്ങളുടെ ആരാധന നവഗ്രഹങ്ങളുടെ കൺസെപ്റ്റ് നവഗ്രഹങ്ങളെ പറ്റിയിട്ടുള്ള പഠനം ഇപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെവിടെ പോയാലും കാണാം സൂര്യൻ എല്ലാ ഒരുപോലെ തന്നെയാണ് ചന്ദ്രനും അതുപോലെയാണ് ചൊവ്വയും ബുധനും വ്യാഴവും ശുക്രനും ശനിയുമൊക്കെ ലോകത്തിൽ എവിടെ പോയാലും അവിടെ നമുക്ക് കാണാം അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് അറിയാം അപ്പോൾ നമുക്ക് പറയാം അവരോട് നമ്മൾ സൂര്യനെ പറ്റിയിട്ടാണ് പറയണത് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ചന്ദ്രനെ പറ്റിയിട്ടാണ് പറയണത് ചൊവ്വയും ബുധനേയും വ്യാഴത്തിനെയും ശുക്രനെയും ശനിയേയും പറ്റിയിട്ടാണ് പറയണത് ഏത് രാജ്യത്ത് പോയാലും ഈ ജ്യോതിർഗോളങ്ങൾക്ക് വ്യത്യാസമില്ല അതൊക്കെ ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഈ നവഗ്രഹ പഠനം അല്ലെങ്കിൽ നവഗ്രഹ സിദ്ധാന്തത്തിന് ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ലോകം മുഴുവൻ സ്വീകാര്യത ഒന്നാണ് നവഗ്രഹങ്ങളുടെ കൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ ശിവനെ പറയാം അല്ലെങ്കിൽ വിഷ്ണുവിനെ പറയാം അല്ലെങ്കിൽ ഭഗവതിയെ പറയാം അല്ലെങ്കിൽ അയ്യപ്പനെ പറയാം എന്നൊക്കെ നമ്മളിപ്പം മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് പറഞ്ഞാൽ അതെല്ലാവർക്കും അറിഞ്ഞുകൊള്ളണം എന്നില്ല അപ്പം അയ്യപ്പസ്വാമിയെ പറ്റിയിട്ട് നമ്മളിപ്പോൾ പല സ്റ്റേറ്റുകളിലും ഇന്ത്യ രാജ്യത്തെ മറ്റു പല സ്റ്റേറ്റുകളിലും പോയിട്ട് പറഞ്ഞാൽ അവർക്കറിയില്ല അയ്യപ്പ സ്വാമിയെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ അവിടെ ജനിച്ച് ജീവിച്ച് അവിടെ ജനിച്ച് അവിടുത്തെ വിഭാഗങ്ങളോട് പറഞ്ഞാലാണ് പറഞ്ഞത് അപ്പോൾ ഗുരുവായൂരപ്പനെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പറഞ്ഞാൽ അവർക്കറിയില്ല പക്ഷേ നവഗ്രഹങ്ങൾ എന്ന ആ ഒരു വിഷയം എവിടെ പോയാലും നമുക്ക് പറയാം അപ്പോൾ അതുകൊണ്ടാണ് നവഗ്രഹങ്ങൾക്ക് പ്രാധാന്യം വരാൻ കാരണം ആ നവഗ്രഹങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പഠനങ്ങളും കാഴ്ചപ്പാടുകളാണ് വരും ദിവസങ്ങളിൽ പറയാനുദ്ദേശിക്കുന്നത് അത് സശ്രദ്ധ കേൾക്കുക അഭിപ്രായങ്ങൾ പറയുക ഏത് രീതിയിലുള്ള അഭിപ്രായങ്ങളെയും സ്വാഗതം ചെയ്യണോ നമസ്കാരം